kasanti ananda divani sholam sala sala samsa tadayam satyavini amdeya surisurya ോ മേ വാചി പ്രതിഷ്ഠേ വേദസ്യണിസ്ഥ ധീന അഹോരാത്രം വതിഷ്യ സത്യം വതിഷ്യമി തന്മാമോ ധു വക്തം ഓം സന്ധി സന്ധി സന്ധി അനാത്മനത്തെ ഖ്യന്മാരും കാണാതന്മാരും പറയുന്നതുപോലല്ല സംഖ്യന്മാരെന്താ പറയുന്നത് സൃഷ്ടിക്കു കാരണമായിരിക്കുന്നത് പ്രകൃതി പ്രകൃതി മാത്രം പ്രകൃതി എന്ന് പറഞ്ഞാൽ ഇവിടെ അദ്വൈതികസമ്മതമാണ് പ്രകൃതി അല്ലെങ്കിൽ മായ പക്ഷേ സംഖ്യന്മാരങ്ങനെയല്ല പറയുന്നത് പ്രകൃതി അത് മാത്രമാണ് സൃഷ്ടിക്ക് കാരണം സൃഷ്ടി എന്ന് പറയുന്നത് പ്രകൃതിയുടെ പരിണാമമാണ് പ്രകൃതിയാണെങ്കിലും അത് സ്വതന്ത്രയാണ് അതിനെ നിയന്ത്രിക്കാൻ ആരുമില്ല ഈശ്വരൻ്റെ ആവശ്യമുണ്ട് പ്രകൃതിക്ക് സ്വയം പരിണമിക്കാമെങ്കിൽ പിന്നെ ഈശ്വരന്റെ ആവശ്യമുണ്ട് ഈശ്വരനെ സ്വീകരിക്കേണ്ട കാര്യമില്ല ആ പ്രകൃതി ജഡ ആണെങ്കിൽ ജഡമാണെങ്കിലും പരിണമിക്കും ഇവിടെത്തന്നെ കാണുന്നുണ്ട് ജഡമായ വസ്തുക്കൾ പരിണമിക്കുന്നുണ്ട് പാല് പരിണമിച്ച് തൈരാകുന്നു പറയുന്നു അതുപോലെ പ്രകൃതി പരിണമിച്ച് പല രൂപങ്ങളുമാകും പ്രകൃതി അവര് സൃഷ്ടിച്ചല്ല അനാവധിയാണ് നിർഗുണനാണ് നിർഗുണമായ ആത്മാവാണ് പക്ഷെ അത് ഈ പ്രകൃതിയോട് താഥമ്യപ്പെട്ട് ബന്ധനത്തിലാകുന്നു പ്രകൃതിയിൽ നിന്ന് വേറുപെട്ട് മുക്തനാകുന്നു പ്രകൃതി അത് അനാദിയും അനന്തവുമാണ് അതിങ്ങനെ അവസാനിക്കാതെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു അതുകൊണ്ട് സ്വതന്ത്രയാണ് പ്രകൃതി എന്നുള്ളതിലൂടെ നിഷേധിക്കുന്നു ഈശ്വരന്റെ സഹായമില്ല എന്ന് പറയുന്നു പ്രകൃതി നിത്യമാണ് അതുപോലെ തന്നെ ന്യായവൈശേഷിക ദർശനത്തിൽ അവരെന്താണ് പറയുന്നത് പരമാണു ആണ് അത് നിത്യവും പക്ഷെ അവിടെ ഈശ്വരനെ കൂടെ സ്വീകരിക്കുന്നുണ്ട് ഇപ്പോൾ സാഖ്യന്മാരെക്കാളും അക്കാര്യത്തിൽ അല്പം കൂടി പുരോഗമിച്ചവരും അവർ പറയുന്നു പരമാണുക്കൾ നിത്യമാണ് നിത്യമാണെങ്കിലും അത് ജഡമാണ് ജഡമായിരിക്കുമ്പോൾ അതിൽ നിന്ന് സൃഷ്ടി തനിയുണ്ടാകത്തില്ല അപ്പോൾ പരമാണുക്കൾ കൂടിച്ചേരണം പരമാണുക്കൾ കൂടിച്ചേരുന്നത് എങ്ങനെ അത് ഈശ്വരൻ്റെ ചികിത്ഷ ഈശ്വരൻ്റെ ഇച്ഛ എന്ന് പറയും സൃഷ്ടിക്കുള്ള ഇച്ഛ്വരൻ വരുമ്പോൾ പരമാണുക്കളിന് ക്രിയുണ്ടാകുന്നു ആ ക്രിയകളിൽ പരമാണുക്കളെ കൂട്ടിച്ചേർക്കുന്നു അങ്ങനെ പരമാണു ദണുഗം തൃണുതം ചതുരണുകം അങ്ങനെ കൂടി ചേർന്ന് ഈ മഹാഭൂതങ്ങളിൽ കാണുന്ന മഹാഭൂതങ്ങളായി മാറുന്നു എന്നാണ് സൃഷ്ടിയെക്കുറിച്ച് പറയുന്നത് ഇതിന് രണ്ടിനെ നിഷേധിക്കുന്നു രണ്ടുമല്ല രണ്ടിടത്തും എന്താ സ്വീകരിച്ചിരിക്കുന്നത് അത് പ്രകൃതി ഇവിടുത്തെ സ്വതന്ത്രമായി സ്വീകരിച്ചു ഇവിടെ പരമാണുക്കളെ നിത്യമായി സ്വീകരിച്ചു അപ്പോൾ അത് നിത്യമാണെന്ന് പറഞ്ഞാൽ ആത്മാവും അതും ഒരുപോലെ നിത്യമാണ് രണ്ടു ആത്മാവും നിത്യമാണ് പ്രകൃതിയും നിത്യമാണ് അന്യത് ആത്മനഹ കിഞ്ചിതേ അഗ്രെ സൃഷ്ടിക്കും മുമ്പ് സാഖ്യന്മാർ പറയുന്നത് പോലെ പ്രകൃതിയോ വൈശേഷികന്മാർ പറയുന്നത് പോലെ പരമാണോ ഒന്നും ഉണ്ടായിരുന്നില്ല ആത്മാവ് മാത്രം ിം ദഹി പിന്നെന്തായിരുന്നു ആത്മാസി ഒന്ന് തന്നെയായിരുന്നു അങ്ങനെയിരിക്കുമ്പോൾ സസർവജ്ഞ സ്വാഭാവ്യ ആത്മാ ഏകഹസൻ അങ്ങനെ ആത്മാവ് ഒന്ന് മാത്രമായിരിക്കും ആ സർവജ്ഞനായിരിക്കുന്ന ആത്മാവ് ഈ പ്രപഞ്ച സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന ആത്മാവ് ഏകസന് ഒന്നാണെങ്കിലും ഏകനാണെങ്കിലും വീക്ഷിച്ചു സങ്കൽപ്പിച്ചു സൃഷ്ടിക്കുള്ള സങ്കല്പ സങ്കൽപ്പിച്ചു അവിടെ ചോദിക്കുന്നപത്തേഹെ അകാര്യകർണത്വാം കഥം വീക്ഷിതവാൻ ഇതെങ്ങനെ സംഭവിക്കും ഉത്പത്തേഹെ പ്രാഗുത്പത്തേഹെ ഉത്പത്തിക്കുന്ന മുമ്പ് അക്കാര്യകരണത്വാം കാര്യമായ ശരീരമോ കരണമോ ഇല്ല ഇന്ദ്രിയങ്ങളോ മനസ്സോ ഒന്നുമില്ല മനസ്സും കരണമാണ് കേവലമായ ആത്മാവ ഏക എന്ന് പറഞ്ഞു ഏക ഏവ ഒന്ന് മാത്രം രണ്ടാമതൊരു മനസ്സിന് കൂടെ സ്വീകരിക്കാൻ പറ്റ അങ്ങനെയിരിക്കെ കാര്യകർണങ്ങളൊന്നുമില്ലാതിരിക്കെ കഥും വീക്ഷിതമാണ് മനസ്സില്ലാതെ എങ്ങനെ സങ്കല്പിക്കാൻ പറ്റും സങ്കല്പിക്കാതെ എങ്ങനെ സൃഷ്ടിയുണ്ടാകും ീശ്വരനെങ്ങനെ സങ്കല്പിക്കും എന്നാണ് മനസ്സിലാതെ അതാണ് ചോദ്യത്തിന്റെ താല്പര്യം നായ പറയുന്ന ദോഷം എന്തുകൊണ്ട് സർവജ്ഞ സ്വഭാവ്യ അത് ഈശ്വരന്റെ സ്വഭാവമാണ് സർവജ്ഞത്വം അതെന്താണ് സർവജ്ഞത്വം തഥാ ച മന്ത്രവർണ്ണ മന്ത്രവർണ്ണ എന്താണ് जवनो जवनो सवेति അപാണിപാദോ പശ്യചക്ഷണോത്യർണ സ വേത്തി വേദ്യം നേത്ത തമാഹുരഗ്നിം പുരുഷം മഹാന്തം ടി വിയിൽ കൊടുത്തിട്ടുണ്ട് मंत्र। എന്താണ് പറഞ്ഞു ഭൂത്താന സുഷുതിയെ കുറിച്ച് പറഞ്ഞപ്പോൾ മണ്ഡൂക്യത്തിൽ പറഞ്ഞു സർവജ്ഞനും സർവേശ്വരനുമാണ് സർവജ്ഞത്വ സർവേശ്വരത്വം എന്ന് പറയുന്ന ഒരു ജീവന് സംബന്ധിച്ച് ജീവൻ എന്താണോ ജീവൻ കരണങ്ങളിലൂടെ അറിയുന്നു അതുകൊണ്ടാണ് അവൻ അത്പജ്ഞനായിരിക്കുന്നത് കരണദോഷം കൊണ്ട് ജീവനിനെ എന്തൊക്കെ അഭ്യാസം നടത്തി സർവജ്ഞത്വം നേടിയാൽ ശരി കരണങ്ങളിലൂടെ അറിയുമ്പോൾ കരണദോഷം വരും ഉദാഹരണം കണ്ണിലൂടെ കാണാൻ പറ്റുന്നുണ്ട് കണ്ണിലൂടെ കാണുമ്പോൾ എന്ത് കണ്ണിന്റെ ദോഷങ്ങൾ കണ്ണ് മന്ദമാണെങ്കിലും കാഴ്ച മന്ദമാകും കണ്ണ് തീവ്രമാണെങ്കിൽ കാഴ്ച തീവ്രമാവും അപ്പൊ നമുക്കറിയാം മനുഷ്യനെക്കാളും കാഴ്ച ശക്തിയുള്ള മൃഗങ്ങളും പക്ഷികളും എല്ലാം ഉണ്ടെന്നുകൊണ്ട് അവരുടെ ആ ദശനേന്ദ്രിയം കൂടുതൽ തീവ്രമാണ് അതിന് ഏറ്റക്കുറച്ചിൽ ഒരു സാധിച്ചു ഒരാൾക്ക് ദീർഘമായ കാഴ്ച കിട്ടണം ദൂരെ കാണണം അപ്പോൾ അതിനെന്തെങ്കിലും അഭ്യാസം ആ ദോഷത്തെ കുറേ മാറ്റിക്കഴിഞ്ഞാൽ അയാൾക്ക് കുറച്ച് ദൂരെ കാണും കണ്ണിന് കാഴ്ച പറയുമ്പോൾ കണ്ണാടി വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി വ്യക്തമായി കാണും ദോഷങ്ങളെ പരിഹരിച്ചു കഴിഞ്ഞാൽ വരും പക്ഷെ എന്നാലും ആ കണ്ണിനെ ആശ്രയിച്ചുകൊണ്ടാണ് ഓരോ ഇന്ദ്രിയങ്ങളിങ്ങനെ ആശ്രയിക്കേണ്ടി വരുന്നു ശരീരത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ജീവൻ എന്നാൽ ഇതിനെല്ലാം ഭിന്നയിക്കുന്ന മനസ്സ് അതിനെ ആശ്രയിക്കേണ്ടി വരും മനസ്സെന്ന് പറയുന്നത് സത്വരജസ്തമോ ബഹുളമാണ് അതിൽ മനസ്സിൽ സാത്വികത കൂടുമ്പോൾ മനസ്സിൽ സർവജ്ഞത്വം തുടങ്ങിയ സിദ്ധികൾ ജീവനും വരും പക്ഷേ ഒരിക്കലും മനസ്സിന് സാത്വികമായി മാത്രം നീക്കാൻ കഴിയില്ല എന്തുകൊണ്ടത് ത്രിഗുണാത്മകമാണ് അവിടെ രജസും തമസും കയറിയും കുറഞ്ഞു വരിക രജിസും തമസ്സും കയറിയിരുന്നാലോ ആ സർവജ്ഞത്വം കുറയും രജിസും തമസം കുറഞ്ഞാലോ സർവജ്ഞത്വം കൂടും എന്നാൽ അതിനൊരു പരിമിതിയുണ്ട് മനസ്സുണ്ടോ പരിമിതിയുണ്ട് അതുകൊണ്ടാണ് ഒരു ജീവനും അതിനെ എത്ര വലിയ സിദ്ധനോ യോഗിയോ എന്തായാലും ശരി പൂർണമായ സർവജ്ഞത്വ സാധ്യമല്ല എന്ന് പറയുന്നത് കാരണം ജീവൻ മനസ്സിലൂടെ അറിയാൻ പറ്റും ശരീരത്തോടുകൂടിയിരിക്കുമ്പോൾ ജീവന് ശരീരം ഉള്ളടത്തും ഉള്ളടത്തോണും ഈ കരണങ്ങളെയും മനസ്സിനെയും ആശ്രയിച്ച് ജീവന പ്രവർത്തിക്കാൻ പറ്റും അത് എന്താണ് അതിൻ്റെ പരിമിതി അല്ലെങ്കിൽ ജീവഭാവം ഇല്ല ഉപാധിയില്ല ജീവന്റെ മുഖ്യമായ ഉപാസിയാണ് മനസ്സ് അല്ലെങ്കിൽ അന്ധക്കരണം ബുദ്ധി എന്നെല്ലാം പറയുന്നു ആ ബുദ്ധിയെ ഇല്ലാതെ പറഞ്ഞു ജീവഭാവം ഇല്ലാതെ പറഞ്ഞു ജീവനല്ലാതെ പറഞ്ഞു ശരീരം ഇന്ദ്രിയം മനസ്സൊന്നും അങ്ങനെ ഇല്ലാതെ വരുമ്പോഴോ ജനനം മരണം ഇതൊന്നും ഇല്ലാതിരിക്കും ജനിക്കുന്നു എന്ന് പറയുമ്പോൾ എന്തു ചെയ്യുന്നു യോഗി ജനിച്ചാലും ജനിക്കുന്നു എന്നു പറയുമ്പോൾ ഉപാധികളെ സ്വീകരിക്കുന്നതാണ് താൽക്കാലികമായിട്ടുണ്ട് അത് തത്ത്വജ്ഞനായാലും ശരി ശരീരത്തോടുകൂടി ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ ഉപാധികളെ താൽക്കാലികമായി സ്വീകരിച്ചിരിക്കുന്നു അത് അസത്യമാണെന്നറിഞ്ഞ് സ്വീകരിക്കാം എന്നാലും സ്വീകരിച്ചേ പറ്റൂ ഇല്ലെങ്കിൽ ശാരീരികമായ ഐന്തരികമായ മാനസികമായ വ്യവഹാരങ്ങളൊന്നും നടക്കപ്പെടില്ല വ്യവഹരിക്കുന്നുണ്ട് സാധനങ്ങൾ അനുഷ്ഠിക്കാൻ പറ്റത്തില്ല മനസ്സിലെങ്കിൽ പറ്റും ശ്രദ്ധികളൊന്നും നേടാൻ പറ്റത്തില്ല വ്യവഹാര സാധ്യമല്ല ലോകവ്യവഹാര സാധ്യമല്ല വേറൊരാളുമായിട്ട് വിവഹരിക്കാൻ പറ്റത്തില്ല ഒരാൾ ബാഹ്യമായി വ്യവഹരിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം എന്താണ് വ്യക്തിയിൽ ഉപാധികളെ ആശ്രയിക്കുന്നുണ്ട് ഇന്ദ്രിയം മനസ്സ് ശരീരം അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അത്യന്ത മൂഢനാണെങ്കിൽ വിവേകശൂന്യനാണെങ്കിൽ അവനിൽ അതീന്ദ്രിയമായ അലൗകികമായ ജ്ഞാനങ്ങളൊന്നും ഉണ്ടാകത്തില്ല അത് സാത്വികത വർദ്ധിക്കുമ്പോൾ മനസ്സിന്റെ ഏകാഗ്രത വർധിക്കുമ്പോൾ അതെല്ലാം കൂടി വരും അലൗകികമായ ജ്ഞാനം ദിവ്യമായ ജ്ഞാനം അണിമാദികൾ എല്ലാം പ്രകടമായി വരും അത് തപസ്സിന്റെയും മറ്റും ഫലമായിട്ടത് വരും പക്ഷെ അങ്ങനെ വന്നാലും ഇതെല്ലാം ഏതിലൂടെ പ്രകാശിക്കുന്നു ശരീര ബുദ്ധി ആദി ഉപാധികളിലൂടെ അതുകൊണ്ട് അതിന് പരിമിതി വരും ഒരാൾക്കും പൂർണമായ സർവജ്ഞത്വം സർവശക്തിത്വം ഒന്നും നേടാൻ പറ്റത്തില്ല അപൂർണമായ സർവജ്ഞത്വം സർവശക്തിത്വം നേടുമ്പോൾ ഇതൊന്നും അവിടെ കാണത്തില്ല മനസ്സും ബുദ്ധിയും ശരീരവും ഒന്നും കാണത്തില്ല അതുകൊണ്ടാണ് ഈ ജീവനെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ മാഡവികത്തെ പറഞ്ഞു സുശക്തിയിൽ അവൻ സർവജ്ഞനും സർവീശ്വരനുമായിരിക്കുന്നു അന്തര്യാമിയായിരിക്കുന്നു എന്തുകൊണ്ട് പറഞ്ഞു അവിടെ ശരീരം മനസ്സ് ബുദ്ധി ഉപാധികളെ ഒന്നും ജീവൻ ഉപയോഗിക്കുന്നില്ല അതുകൊണ്ടിന്നെ ജീവനവിടെ വ്യവഹാരമില്ല അവിടെ അവൻ സർവജ്ഞനാണ് എങ്ങനെ ആ സർവജ്ഞനായ ഈശ്വരനോട് താതാത്മ്യത്തിലിരിക്കുന്നു അതുകൊണ്ട് അതുകൊണ്ട് സർവജ്ഞനായിരിക്കുന്നു എന്നാൽ ഉറക്കം കൊണ്ട് സർവജ്ഞനായതല്ല വൻ ജീവൻ സർവജ്ഞനെന്നല്ല ഉറക്കത്തിൽ അവൻ്റെ ആ ജീവഭാവം നഷ്ടപ്പെട്ടു പോയി അവിടെ ജീവനേ ഇല്ല അങ്ങനെയല്ല പറയുന്നു ഞാൻ ഉണർന്നിരുന്നപ്പോ അത്പജ്ഞനായിരുന്നു ഞാൻ ഉറങ്ങിയപ്പോൾ സർവജ്ഞനായിരുന്നല്ല ഉറങ്ങിയപ്പോൾ ഞാനില്ല അതുകൊണ്ടിന്നെ ഉറങ്ങിയപ്പോൾ സർവജ്ഞനായ ഞാനല്ല ഇത് മറിച്ച് ഉറക്കത്തിൽ എന്ത് സംഭവിച്ചു അവിടെ വിവാഹികളെല്ലാം വിട്ട് ആ സത്തിനോട് താതാന്മ്യം പ്രാപിച്ചു ആ സത്തെങ്ങനെ അത് സർവജ്ഞനാണ് എങ്ങനെ സർവജ്ഞനായിരിക്കുന്നു ഇതിനൊന്നും സ്വീകരിക്കാതെ അതാണ് ഇവിടെ പറയുന്നത് ആ പാണിപാദോ പാണിപാദങ്ങളെല്ലാം ഓർഗത്തിലതുണ്ടോ ഇല്ല ഇല്ലെങ്കിലും ജമനോ ഗ്രഹീത്താൽ പാദമില്ലാതെ അവൻ സഞ്ചരിക്കും പാണിയില്ലാതെ അവൻ ഗ്രഹിക്കും പിടിക്കും വസ്തുക്കളെ സ്വീകരിക്കും അതവന് കഴിയുന്നുണ്ട് എന്തുകൊണ്ട് അവൻ സർവാന്തരിയാമിയായി ഇരിക്കുന്നത് ഈ ജീവന്മാർ പാദം കൊണ്ട് നടക്കുന്നതും കൈകൊണ്ട് ഗ്രഹിക്കുന്നതും ആ പാണിപാദോ ജവനോ ഗ്രഹീത്ത എല്ലാ കർണങ്ങളെയും കർണങ്ങളുടെ പ്രവൃത്തിയെയും നിഷേധിച്ചിട്ട് സർവജ്ഞിത്വം കഴിയണം അതാണ് വാസ്തവത്തിലുള്ള സർവജ്ഞത്വം ഒരാൾ സിദ്ധികളിലൂടെ നേടുന്നതല്ല തന്റെ സർവജ്ഞ താൻ സുഷു ആ സത്തിനോട് ഏകീഭവിച്ചപ്പോഴാണ് സർവജ്ഞക്കും ഒന്ന് പക്ഷെ നമ്മൾ പറയുന്നില്ലല്ലോ ഒന്നും അറിഞ്ഞില്ല ഉറങ്ങിയതിന് ശേഷം ഞാനൊന്നും അറിഞ്ഞില്ല എന്തുകൊണ്ട് പറയേണ്ടി വരുന്നു താൻ ജീവഭാവത്തിൽ വന്നു സർവജ്ഞനായിരുന്നിട്ടും ജീവഭാവത്തിൽ വരുമ്പോൾ പറയേണ്ടി വരുന്നു ഞാനൊന്നും അറിഞ്ഞില്ല പക്ഷേ പരമാർത്ഥത്തിലോ താനാ സർവജ്ഞനാണ് ജാഗ്രത്തിലും അറിയാൻ കഴിയുന്നില്ല സുശക്തിയെക്കുറിച്ച് ചിന്തിച്ചാലും അറിയാൻ കഴിയുന്നില്ല കാരണം അവിടെ അജ്ഞാനം നശിച്ചിട്ടില്ല ആ ജീവന്റെ അജ്ഞാനം നശിച്ചിട്ടില്ല അതുകൊണ്ട് പറയേണ്ടി വരുന്ന എന്താണോ ഞാൻ ഒന്നും അറിഞ്ഞില്ല തന്റെ സ്വരൂപത്തെ മറച്ചിരിക്കുന്ന അജ്ഞാനം അത് മായുന്നില്ല ജാഗ്രത പറയേണ്ടി വരും അശ്വത് സുഷൃത്തിനാണെങ്കിലോ ആയകീഭാവത്തിലാണ് സർവോപാധികളിൽ നിന്നും മുക്തനായകീഭാവത്തിലാണ് ആണെങ്കിലും എന്തു ചെയ്യുന്നു അവൻ പാദമില്ലാതെ സഞ്ചരിക്കുന്നു കൈയില്ലാതെ ഗ്രഹിക്കുന്നു ജാഗ്രത സാധ്യമല്ല ജാഗ്രത പാദത്തോടു കൂടി സഞ്ചരിക്കാനേ പറ്റും സുഷൃത്തി നമ്മുടെ അനുഭവം തന്നെ സഞ്ചരിക്കുന്നില്ല ഗ്രഹിക്കുന്നില്ല പക്ഷേ സുഷുപ്തനെല്ലാം ചെയ്യുന്നുണ്ട് അവൻ സഞ്ചരിക്കുന്നുണ്ട് ഗ്രഹിക്കുന്നുണ്ട് എങ്ങനെ ആ ജീവഭാവത്തിലല്ല ആ പരമാത്മഭാവത്തിലും അവന്റെ ശക്തി കൊണ്ടാണ് സർവ്വരും സഞ്ചരിക്കുന്നത് സർവ്വരും ഗ്രഹിക്കുന്നത് അതുകൊണ്ട് പറഞ്ഞു ആ പാണിപ്പാത്തോ ജമനോ ഗ്രഹീത്ത പശ്യത്യക്ഷു കണ്ണില്ലാതെ കാണുന്നു സർവദൃക് സർവത്തെയും ദർശിച്ചുകൊണ്ടിരിക്കുന്നു അവിടെ മാത്രമേ ഉള്ളൂ സർവജ്ഞരൻ സർവ ഭൂതാനി ഇന്ദ്രാരൂഢാനി മയ എന്ന് പറഞ്ഞു സർവത്തെയും കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ ഉറങ്ങിപ്പോ ആരെയും കണ്ടില്ലല്ലോ അത് ശരിയാണ് ഞാൻ ഉറങ്ങിപ്പോയി ആരെയും കണ്ടില്ല എന്തുകൊണ്ട് ഈ ഞാൻ അത്പജ്ഞനായ ജീവനാണ് എനിക്ക് കാണാൻ കഴിയത്തില്ല പക്ഷെ പരമാത്മരൂപത്തിൽ സർവതർക്ക് സർവസാക്ഷിയായി സ്ഥിതി ചെയ്യുന്നു അകർണ ചെവിയില്ലാതെ കേൾക്കുന്നു ഇതാണ് സർവജ്ഞത്വം എന്ന് പറയുന്നത് ചെവിയുടെ ആവശ്യമില്ല കർണങ്ങളുടെ ആവശ്യമില്ല പക്ഷെ സർവവും കേൾക്കുന്നു സർവശബ്ദങ്ങളും അവനിൽ നിന്നാണ് നിർഗമിക്കുന്നത് സർവശബ്ദങ്ങളെയും അവൻ തന്നെ ഗ്രഹിക്കുന്നു സവേത്തി വേദ്യമായ സർവ്വത്തെയും അറിയേണ്ടത് സർവ്വത്തിനെയും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു അവനറിയാൻ ഒരാൾ വേണോ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടക്കണമെങ്കിൽ അറിയുന്ന ഒരാൾ വേണം ഉറങ്ങി ഞാനല്ല ഉറക്കത്തിൽ ശേഷിച്ചിരുന്നവൻ അസ്ഥിവേത്വ അവനറിയുന്നവൻ അവന് മോളിലാരും ഇല്ല അതുകൊണ്ടാണ് നമ്മളവനെ തിരിച്ചറിയാത്തത് ഞാൻ ഉറങ്ങി അവിടെ ഞാൻ സർവജ്ഞനാണെങ്കിൽ എന്തുകൊണ്ട് ഞാൻ അറിഞ്ഞില്ല സർവജ്ഞനായ എന്തുകൊണ്ട് അസ്ഥി വേദ്യ വേത്താവന അറിയുന്നവരില്ല തമാഹുരഗ്രിം പുരുഷം മഹാന്ത അതാണ് പരമാവധി പുരുഷൻ മഹാൻ നത്ത കാര്യം കരണം ചവിദ്യതേ തത്സമസ്റ്റാഭ്യതിക ദൃശ്യതീ പരാസ്യ ശക്തരും വിധിച്ച ശ്രുതി സ്വാഭാവിക അവിടെ തന്നെ വീണ്ടും പറയുന്നു തസ് കാര്യവും കർണതേ അങ്ങനെ കാര്യവുമില്ല കർണങ്ങളുമില്ല ശരീരമില്ല ഇന്ദ്രിയങ്ങളുമില്ല അന്തര്യാമിയായിരിക്കുന്നത് കൊണ്ട് ഇതൊന്നുമില്ല പരിച്ഛിന്നനായി ഒരു ജീവഭാവത്തിൽ വരുമ്പോഴാണ് ശരീരവും കർണങ്ങളും എല്ലാം വരുന്നത് അതിനാ സൃഷ്ടമാകുന്നു ഇവിടെ ഇവിടെയാണെങ്കിലും സൃഷ്ടിയില്ല ഒന്ന് അതുകൊണ്ട് അവന് കാര്യവും കരണവുമില്ല അതിനത്തെ സമസ് അവന് തുല്യനില്ല അഭ്യധികച്ച കൂടിയവർ തന്നെ ഇല്ല ഇവിടെ ഉണ്ട് താനുണ്ട് തന്നെക്കാൾ കൂടിയ ഒരാളുണ്ട് സമനായ ആളുണ്ട് കുറഞ്ഞയാളുണ്ട് പരാസി ശക്തരും വിവിധ ശ്രൂയതേ ഇവന്റെ ശക്തി ഐശ്വരന്റെ ശക്തി അതിനാണ് മായ അവിദ്യ എന്നെല്ലാം പറയുന്നു അത് മായാരൂപത്തിൽ വന്ന് ഈ വൈചിത്രത്തെ സൃഷ്ടിക്കുമ്പോൾ അതിന് മായ എന്ന് പറയും അത് ജീവന്മാരെ എല്ലാം മറച്ചിരിക്കുമ്പോൾ അതിന് അജ്ഞാനം എന്ന് പറയും അത് നിർവചിക്കാൻ കഴിയാതെ അവിദ്യ പല പേരിൽ പറഞ്ഞു പരാസക്തി വിവിധീവശ്രൂയത പലതരത്തിൽ അതിനെ കുറിച്ച് വന്നിരിക്കുന്നു സ്വാഭാവിക എന്താണ് ഈ ശക്തി അതതിന്റെ സ്വഭാവം തന്നെ അതിൽ നിന്ന് വേർപിരിഞ്ഞാൻ നിലനിൽക്കാത്തതാണ് സ്വാഭാവികം പറയുന്നത് അപ്പൊ അന്തര്യാമിയുടെ സ്വഭാവം തന്നെ ആയത് വേർതിരിക്കാൻ പറ്റത്തില്ല അവിടെ രണ്ടാക്കാൻ പറ്റത്തില്ല ആ ഇത് സുഷുപ്തി അവിടത്തെ ആത്മാവ് ഇത് അവിടത്തെ അവിദ്യ എന്ന് രണ്ടാക്കാൻ കഴിയത്തില്ല അവിദ്യ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് അത് തന്നെ ആ പരമാത്മാവ് തന്നെ ഇല്ലെന്ന് പറഞ്ഞാലോ എന്നാലും ആ പരമാത്മാവ് തന്നെ രണ്ടും പറ ഉണ്ടെന്നോ ഇല്ലെന്നോ പറ രണ്ടു പറഞ്ഞാലും ഒന്നേ ഉള്ളൂ ആ ത്തെ ഭജിക്കുന്ന ഒന്നല്ല ഇല്ലാതാക്കുന്ന ഒന്നല്ല രണ്ടാമതായിട്ട് എന്താണോ ഉണ്ടെന്ന് നമ്മൾ സങ്കല്പിക്കുന്നത് അത് പരമാർത്ഥത്തിൽ ഇല്ലാത്തതാണ് അവിടെ ഒന്ന് മാത്രമേ ഉള്ളൂ ഒരു മരീചികയിൽ പ്രകാശം മാത്രമേ ഉള്ളൂ ജലമില്ല എന്ന് പറയുന്ന പോലെ തസ്സ്യ കാര്യം കരണം ചവിദ്യാഭ്യതിക സ്ഥിതി പരാസശക്തരും വിവിധീവശ്രൂയതും അത് പലതരത്തിൽ പറയപ്പെടുന്ന ശ്രുതി തന്നെ അത് സ്വാഭാവികയും ജ്ഞാന ബലകരിയാച്ച അത് തന്നെയാണ് ജ്ഞാനമാകുന്നത് ഈ സർവപ്രപഞ്ച സൃഷ്ടിക്കും അതിൻ്റെ എല്ലാ സങ്കീർണ്ണതകളെയും അറിയുന്ന ജ്ഞാനമായിരിക്കുന്നത് ഉപാദാന ജ്ഞാനം ബലം ഇതിനെയെല്ലാം സൃഷ്ടിക്കുന്നതിനുള്ള സാമർഥ്യം സംഭരിക്കുന്നതിനുള്ള സാമർഥ്യം ക്രിയ തുടർന്ന് സംഭവിക്കുന്നതിൻ്റെ പ്രവർത്തനങ്ങൾ ആകാശവായു അതിക്രമത്തിലുള്ള സൃഷ്ടിയുടെ ക്രിയ ഇതെല്ലാം അതുതന്നെയാണ് അതിൽ നിന്ന് വേർതിരിക്കാൻ വയ്യാതെ അതിനോട് ചേർന്നിരിക്കുന്നു സ്വാഭാവിക തഥാച്ച മന്ത്രവർണ്ണ അതാണ് മന്ത്രവർണ്ണം പറയുന്നത് അപാണിപാദോ ജമനോ ഗൃഹീത ഇത്യാദി സർവേശ്വരൻ സർവജ്ഞൻ ആയിരിക്കുന്ന ഈശ്വരന്റെ സർവജ്ഞത്വം അല്ലെങ്കിൽ സർവേശ്വരത്വം എന്ന് പറയുന്നത് ഈ കർണങ്ങളെ ആശ്രയിക്കാത്തതാണ് അതുകൊണ്ടവിടെ അതിന് പരിമിതിയില്ല സർവജ്ഞത്തേക്കും സർവീ ജഗത്തിൻ്റെ സൃഷ്ടി സംഹാരം സ്ഥിതി ഇതിനുവേണ്ടുന്ന കാര്യങ്ങളും ചെയ്യുന്നതിനുള്ള ിയവിടെയുണ്ട് അതാണ് സർവജ്ഞത്വം എന്ന് പറയുന്നത് യഥാർത്ഥ സർവജ്ഞത്വം അതുകൊണ്ടാണ് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ഈശ്വരനും മാത്രമായിരിക്കുന്നത് ജീവൻ കഴിയത്തിൽ ജീവനെന്തെങ്കിലും സൃഷ്ടിച്ചാലും പരിമിതി വരും പിന്നെ യോഗി സൃഷ്ടിച്ചാലും വരും പരിമിതി അതായത് ജീവൻ സൃഷ്ടിച്ചാൽ ഈ അനന്തമായ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാം സ്ഥിതി സംഹാരം എല്ലാം ചെയ്യാൻ പറ്റും ജീവന് ആ സൃഷ്ടിയുടെ സാമർഥ്യം വന്നാൽ ജീവന് സൃഷ്ടിക്കാൻ പറ്റുന്ന എന്താണ് ഒരു ശകലം ഭസ്മോ ഒരു വളയോ മോതിരമൊക്കെ സൃഷ്ടിക്കാൻ പറ്റും അങ്ങേയറ്റം പോയാൽ അപ്പം നോക്കുക സൃഷ്ടിയുടെ ആ സാമർഥ്യം ഈശ്വരൻ്റെയും ജീവൻ്റെ ഒക്കെ തമ്മിലുള്ള വ്യത്യാസം ഒരു ജീവൻ സൃഷ്ടിച്ച് അത്രയൊക്കെ പറ്റും അത് ഈ അജ്ഞന്മാരായ ജീവന്മാരുടെ നിറയിൽ അത് അത്ഭുതമാണ് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു മായാവിയുടെ മായാജാലം അജ്ഞനായ ബാലനെ സംബന്ധിച്ചിടത്തോളം അത് അത്ഭുതമാണ് അതെങ്ങനെ സംഭവിക്കുന്നു അതുപോലെ ഒരു ജീവൻ അണിമാതി ഐശ്വര്യങ്ങളെ പ്രാപിച്ചിട്ട് അവൻ സൃഷ്ടിച്ചാൽ സൃഷ്ടിക്കുന്ന ഇത്രയൊക്കെയാണ് ഒരു നുള്ള ഭസ്മം സൃഷ്ടിച്ചാൽ ജീവൻ അത്ഭുത തുടങ്ങും എന്തുകൊണ്ട് തനിക്കത് കഴിയുന്നില്ല വേരലാൾ ചെയ്യുന്നത് എന്തായാലും വേറൊരാൾ ചെയ്യുന്നത് സൃഷ്ടിക്കുള്ള സാമർഥ്യം കൊണ്ട് ഒരു സംശയം പക്ഷെ അതാണോ സൃഷ്ടി ഇവിടെ കുറേ അംഭു മലീച്ചറും മരമാപഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സൃഷ്ടിയുടെ സാമർഥ്യമായിട്ട് നോക്കുമ്പോൾ ഈ സൃഷ്ടി എന്ന് വളരെ തുച്ഛമാണ് നിസ്സാരമാണ് ഒന്നുമല്ല അതുകൊണ്ടൊരാളെ സർവജ്ഞനോ സർവശക്തനോ ഒന്ന് ഈശ്വരനെ പോലെ കരുതാൻ കഴിയില്ല എന്തുകൊണ്ട് അയാളെ സൃഷ്ടിക്കുന്നവരുന്ന വളരെ തുച്ഛമാണ് നിസ്സാരമാണ് ഈ പ്രപഞ്ചം എവിടെ വരുന്നുള്ള ഭക്ഷണം എവിടെയിരിക്കുന്നു അജ്ഞൻ അതിൽ അത്ഭുതം കൂടും ഇതങ്ങനെ അതേസമയം ഈ പ്രപഞ്ച സൃഷ്ടിയിൽ അവനോട്ട് അത്ഭുതമില്ല നാമരൂപ പ്രപഞ്ചം എങ്ങനെ സൃഷ്ടമായി അതിന്റെ പിന്നിലുള്ള സൃഷ്ടികർത്താവിന് അവന് അത്ഭുതമില്ല പക്ഷെ ഇതുപോലെ വെറും അല്പമായ എന്തെങ്കിലും ഒരു സൃഷ്ടി എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത്ഭുതം കൂടുന്നു സർവജ്ഞന സർവശക്തനുമാണ് അത് ആ ജീവന്റെ പരിമിതിയെ വിളിച്ചു കാണിക്കുകയാണ് എന്തുകൊണ്ട് ആ ജീവൻ ഇത്രയും സൃഷ്ടിക്കാൻ പറ്റുന്നു അത് പരിമിതിയാണ് ഇവിടെ എന്തെല്ലാം സൃഷ്ടിക്കാമായിരുന്നു അല്ല സൃഷ്ടിക്കാൻ കഴിയുന്നുണ്ടോ അത് സൃഷ്ടിക്കാൻ കഴിയുന്നില്ല ഈശ്വരന്റെ നിയമത്തെ കൈകടത്താൻ പറ്റത്തില്ല ഈശ്വരന്റെ നിയമത്തെ ലംഘിക്കാൻ കഴിയത്തില്ല പിന്നെന്താണോ ആ ഈശ്വരന്റെ കൃപ കൊണ്ട് അനുഗ്രഹം കൊണ്ട് ഈശ്വരന്റെ സഹായം കൊണ്ട് ഒരു ചെറിയ സൃഷ്ടി നിസ്സാരമായ തുച്ഛമായ ഒരു വസ്തുവിന്റെ സൃഷ്ടി നടത്താൻ പറ്റും മനുഷ്യന് ഇത്രയൊക്കെ കഴിയും അതി എത്ര വലിയ യോഗിയായാലും സാധ്യമല്ല വിശ്വാമിത്രൻ വേറൊരു പ്രപഞ്ചത്തെ സൃഷ്ടിച്ചെന്നൊക്കെ പറയുന്നു അതൊന്നും ശരിയായില്ല അതൊക്കെ കുഴപ്പത്തിലായിപ്പോയി എന്തുകൊണ്ട് അത് ഈശ്വരൻ്റെ സൃഷ്ടി ഈശ്വരൻ്റെ ചോദ്യം ഈശ്വരനോട് ആവശ്യത്തിനൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ട് ഇനി ജീവൻ എന്തെങ്കിലും സിദ്ധിയിലൂടെ ഒന്നും സൃഷ്ടിക്കേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് യോഗികളോടും മറ്റും പറയുന്ന എന്താണ് അണിമാതി ഐശ്വര്യങ്ങളിൽ ഭ്രമിക്കരുത് അത് ആധ്യാത്മികതക്ക് തടസ്സമാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് എന്തുകൊണ്ട് അങ്ങനെ അണിമാതി ഐശ്വര്യങ്ങൾ ആർജിച്ച് സൃഷ്ടിച്ചാലും വളരെ തുച്ഛമായ വളരെ നിസ്സാരമായ സൃഷ്ടികളെ സംഭവിക്കൂ അതുകൊണ്ട് ഈശ്വരനാകാൻ കഴിയത്തില്ല മനുഷ്യരിൽ ദിവത്വമുള്ളവരാകാം ശ്രേഷ്ഠതകളുള്ളവരാകും മനുഷ്യരിൽ പൂജിതരാകാം മറ്റുള്ളവർ പൂജിക്കത്തക്ക വിശേഷതകളുള്ളവരാകും പക്ഷെ ഈശ്വരനാകാൻ മനുഷ്യന് സൃഷ്ടിയിലൂടെ സാധ്യമല്ല മനുഷ്യന് ഈശ്വരനാഥാവ് ഒരു വഴിയുള്ളൂ എന്താണോ ആ ഈ ജീവിതാതാത്മ്യമിടുക ശരീരത്ത് അതാത്മ്യമിടുക തത്വജ്ഞാനം കൊണ്ട് തന്റെ അജ്ഞാന സംശയകര്യങ്ങളെ നശിപ്പിച്ചു പരമാത്മ തത്വത്തോടെ ഏകീകരിക്കുക അങ്ങനെ ഈശ്വരനാഥാൻ കഴിയും അല്ലാതെ ഇത്തരം ഇതുകൊണ്ട് സാധ്യമല്ല ഇതുകൂടെ പറയും എന്താണ് മായാവിയുടെ മായ പോലെ അതുപോലെ അതിൽ അത്ഭുതം കൊള്ളേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് ആ ഈശ്വരന്റെ അതുപോലെ മറ്റൊരു കാര്യമാണ് സുഷക്തിയിൽ സർവജ്ഞനാകുന്നു പറയും നമ്മളവിടെയും ചർച്ച ചെയ്താണ് സുശക്തിയിൽ സർവജ്ഞനാകുന്നു എന്ന് പറയുമ്പോൾ ഞാൻ സർവജ്ഞനാകുന്നു എന്നല്ല ഞാൻ പോയി പൂർണ്ണമായും ഇല്ലാതായി അവിടെ ആ സർവജ്ഞൻ മാത്രം ശേഷിച്ചു വീണ്ടും ജാഗ്രതത്തിലേക്ക് വരുമ്പോൾ സർവജ്ഞൻ പോയി ഇവിടെ ഞാൻ മാത്രം ശേഷിക്കുന്നു വിപരീതമാണോ അതാണ് സർവജ്ഞത്തെ കുറിച്ചുകൂടെ പറയുന്നത് അങ്ങനെയുള്ള സർവജ്ഞൻ സൃഷ്ടിച്ചു അപ്പൊ സൃഷ്ടിക്കും മുമ്പ് പരമാത്മാവ് മാത്രമായിരുന്നാൽ എങ്ങനെ സൃഷ്ടി നടക്കുന്നു അതിനാണ് സമാനം പറഞ്ഞത് പരമാത്മാവ് സർവജ്ഞനായതുകൊണ്ട് നടക്കും അപ്പൊ സംശയം വരും പരമാത്മാവ് നിർഗുണനാണെന്ന് പറയുന്നുണ്ടല്ലോ ഒരു നിർഗുണനായ പരമാത്മാവ് എങ്ങനെ സർവജ്ഞനാകും ആ നിർഗുണനായിരിക്കുന്ന പരമാത്മാവ് എങ്ങനെ അജ്ഞനും ജീവനുമായി മാറി അസംഭവിച്ചല്ലോ നിർഗുണനായിരിക്കുന്ന പരമാത്മാവിനെങ്ങനെ ജനന മരണങ്ങളുണ്ടായി സംസാരമുണ്ടായി ഇത് നമുക്ക് അംഗീകരിക്കാമെങ്കിലും ജീവനെ സംബന്ധിച്ച് തന്റെ വാസ്തുസരൂപ ഇതിൽ എന്ന് അംഗീകരിക്കാമെങ്കിൽ പരമാത്മാവിന്റെ സ്വരൂപാതും തന്നെയാണ് ഈശ്വരനത്തെ സംബന്ധിച്ച് അംഗീകരിക്കും ഈശ്വരനും കർണങ്ങളില്ലാതെ സർവജ്ഞനാവാം അതാണ് ഇവിടെ പറയുന്നത് ജീവൻ ഇതെങ്ങനെ സംഭവിക്കുന്നത് സൃഷ്ടിക്ക് മുമ്പ് ജീവന്റെ സൃഷ്ടി നിരുന്ന ജാഗ്രത സ്വപ്നങ്ങൾ അതിനു ഇവിടെ പറഞ്ഞല്ലോ അവിടെ ഒന്നും അറിയാതെ വിധീഭൂതനായി പ്രജ്ഞാനഘനായി സർവീശ്വരനായി ഒന്നുമില്ലെന്ന് പറയുന്നു സർവ സ്വാഭാവികം ആ വിദ്യയോ മായമോ ഗന്ധോ പ്രപഞ്ചോ എല്ലാതിന്റെ സ്വഭാവമായി ദ്വൈതമില്ല അദ്വയമായി ആ അവസ്ഥയിൽ നിന്നെങ്ങനെ സൃഷ്ടിയുണ്ടായി എങ്ങനെ സങ്കല്പമുണ്ടായി ഈശ്വരൻ എങ്ങനെയാണോ സൃഷ്ടിക്കുന്നു സങ്കല്പിച്ചത് അതുപോലെ ജീവനങ്ങൾ സങ്കല്പിക്കാൻ പറ്റും എന്താണ് അതിന് പ്രേരകമായത് സാധാരണ പറയും ആവിദ്യമുണ്ടായിരുന്നു ഭാഷകാരൻ പാണ്ഡു ഖനീ പൂ ഭൂതൈവത്തമ അങ്ങനെ ഒരവസ്ഥയെക്കുറിച്ച് പറഞ്ഞു ജീവനെ സംബന്ധിച്ചിടത്തോളം ആ ഏകനായി ഇതൊന്നുമില്ലാതിരുന്ന അവസ്ഥയിൽ നിന്നും ഇവിടെ പലതായി അപ്പൊ ഒന്നും ഇല്ലാതിരുന്ന അവസ്ഥയിൽ എങ്ങനെ ആ സങ്കല്പം വന്നു അതിന് പലതരത്തിലൂടെ സമാധാനം പറയുന്നുണ്ട് ആ സങ്കല്പത്തിന്റെ ഉപാധാനം ഉണ്ടായിരുന്നു അപ്പൊ അതിന് നമ്മുടെ ഭാഷക്കാരിൽ അവസാനമായി പറയുന്ന സമാധാനം ഇതാണ് പലതും പറഞ്ഞതിനു ശേഷം സുഷുത്തിയിൽ എങ്ങനെ സങ്കല്പിയും കഴിഞ്ഞു എന്നുള്ളതാണ് സുഷൃത്തി നമ്മൾ മനസ്സിലാക്കുന്നതാണ് ഇന്ദ്രിയങ്ങളെല്ലാം വിളയിച്ചിരുന്നത് ഇവിടുന്ന് ഈ സങ്കല്പം വന്നു സങ്കല്പം വന്നിട്ടാണ് പിന്നീട് ഈ ജാഗ്രത വന്നത് സൃഷ്ടി വന്നു അതെങ്ങനെ വരും എന്നാണ് സുഷുതി നിർവചിക്കാൻ സാധ്യമല്ല പക്ഷെ സങ്കല്പം വന്നു എന്നുള്ളതാണ് പറയുന്നത് വന്നാണ് നമ്മുടെ അനുഭവം അതങ്ങനെ വന്നു ഇല്ലാത്തറത്ത് നിന്ന് അങ്ങനെ വന്നു അതുതന്നെ ഈശ്വരനും എങ്ങനെ സങ്കല്പം വന്നു ഇവിടെ പറയുന്നതാണ് പ്രാണി കർമ്മവശാദ് പ്രാണികളുടെ കർമ്മം ഹേതുവായി ഈശ്വരനിലങ്ങനെ ഒരു സങ്കല്പം വന്നു ഇപ്പോൾ ഉറങ്ങി എനിക്ക് എങ്ങനെ സങ്കല്പം വന്നു എങ്ങനെ ഞാൻ ഉണർന്നു കർമ്മവശാദ് പ്രാണി കർമ്മവശാദ് അവിടെ ഒരു സങ്കല്പം ഉണരണം ഉറങ്ങിയിടത്ത് നിന്ന് ഉണർന്നു പക്ഷെ അവിടെ ഒന്നുമില്ലായിരുന്നല്ലോ ഇനി എന്താണ് ഈ സങ്കല്പത്തിനുപാദാനം അവിടെ എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ എല്ലാം അതായിരുന്നു ഉണ്ടായിരുന്നെല്ലാം അതുതന്നെയായിരുന്നു ആ പരമാത്മാവ് തന്നെയായിരുന്നു അപ്പോൾ പരമാത്മാവ് തന്നെയാണ് ഈ സങ്കല്പത്തിന് ഉപാദാനമായിരിക്കുന്നത് അതാണ് പറഞ്ഞത് കണ്ണ് കൊണ്ട് കാണാനും പറ്റും കാണാ കണ്ണില്ലാതെ കാണാനും പറ്റും ജീവരൂപത്തിലത് കാണുമ്പോൾ കണ്ണുകൊണ്ട് ജീവഭാവത്തെ പിടിഞ്ഞിട്ട് കാണുമ്പോൾ അത് കണ്ണില്ലാതെ കാണുന്നു നമ്മളിവിടെ പറഞ്ഞത് പരാസക്തിരും അതാണ് എന്റെ ശക്തി കണ്ണില്ലാതിരുന്ന സർവത്യം കാണുക അവിടെ നിശ്ചലമായിരുന്ന നിർഗുണമായിരുന്ന ആ പരമാത്മ ചൈതന്യത്തിൽ നിന്നും സങ്കല്പമുണ്ടായി അതാണ് ജാഗ്രത് പ്രപഞ്ചത്തെ കാണുന്നു സൃഷ്ടിയെ കാണുന്നു ജാഗ്രത് പ്രകാശം ഇരട്ടിലെങ്ങനെ ഉണ്ടാവും അന്ധതയിൽ സുഷൃക്തിയില അന്ധതയിൽ എങ്ങനെ ഈ വെളിച്ചം നമുക്കറിയാൻ പറ്റുന്നില്ല എപ്പോഴാണ് ഈ വെളിച്ചം ഉണ്ടായത് ഗാഠമായ നിദ്രയിൽ ഒരു വെളിച്ചം അതെങ്ങനെ സംഭവിച്ചു നമുക്ക് വെളിച്ചത്തിന്റെ തുടക്കം അത് പിടിച്ചെടുക്കാൻ പറ്റത്തില്ല നിദ്രയിൽ നിന്ന് ജാഗ്രതത്തിലേക്ക് വന്നു എന്ന് മാത്രമറിയ സൃഷ്ടിയുടെ ആരംഭവും കണ്ടുപിടിക്കാൻ വയ്യ എന്തുകൊണ്ടാണ് അവിടെ ഈ ജാഗ്രത്തിലെ വെളിച്ചം അതായിട്ട് തന്നെയിരുന്നു ചോദിക്കുന്നത് ഇവിടെ അതാണ് ഈശ്വരനെങ്ങനെ സങ്കല്പിക്കാൻ പറ്റി ഈശ്വരൻ്റെ ഏതനായിരിക്കുന്നു സങ്കല്പം രണ്ടാമതൊന്നാണല്ലോ സങ്കല്പം അവിടെ ഉണ്ടായിരുന്നു ഇങ്ങനെ തന്നെ ഈ വെളിച്ചം അവിടെ ഉണ്ടായിരുന്നു എന്തായി താനായി തന്നെ സുപ്തനായി തന്നെ അവിടെ നിന്ന് ഒരു പ്രകാശമുണ്ടായി എന്താണ് കാരണം പല കാരണങ്ങളും പറയും ഈശ്വരൻ ആ വെളിച്ചം വന്നതിന് കാരണം സങ്കല്പം വന്നതിന് കാരണം പ്രാണികളുടെ കർമ്മമാണെന്ന് പറയും അതനുസരിച്ച് ഈ ലോകത്തെ സൃഷ്ടിക്കുന്നു അപ്പോൾ ജീവന് ഈ വെളിച്ചം ഇങ്ങനെ ഒന്ന് ജാഗ്രത എന്ന് പറയുന്ന വെളിച്ചം തന്റെ തന്നെ കർമ്മങ്ങളുണ്ട് ആ കർമ്മം എവിടുന്ന് വന്നു അതവിടെ തന്നെ ഉണ്ടായിരുന്നു അതായിട്ട് തന്നെ ഉണ്ടായിരുന്നു അതിൽ നിന്ന് അഭിന്നമായിട്ടുണ്ടായിരുന്നു ആ ജീവനോട് അഭിന്നമായി ഇതുണ്ടായിരുന്നു ഇങ്ങനെ വന്നു അത് മനസ്സിലാകുന്നില്ല എന്ന് പറയും അതെങ്ങനെ സംഭവിക്കാം ജീവനോട് അഭിന്നമായിരുന്നു പിന്നെ ഇതെല്ലാമായിട്ട് വന്നു ഈശ്വരനോട് അഭിന്നമായിരുന്നു ഇതെല്ലാമായിട്ട് വന്നു ഇത് രണ്ട് രണ്ട് സ്വരൂപത്തിലുള്ളതാണ് അതെങ്ങനെ സംഭവിക്കും എന്നാണ് ചോദിച്ചു സർവശൂന്യമായിരുന്ന ആ സൃഷ്ടിയിൽ നിന്ന് അതിനൊണ്ട് യാതൊരു സ്വാമിയുമില്ലാത്ത ഇതൊക്കെ എങ്ങനെ വന്നു ഇതവിടെ ഇരുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും അതിന് ഭാഷകാര സമാനം പറയുന്നു നിങ്ങൾ മായാജാലം കണ്ടിട്ടുണ്ടോ ഇന്ദ്രജാലം ഇന്ദ്രജാലക്കാരൻ കാണിക്കുന്നത് വലിയ അത്ഭുതങ്ങളാണ് ഇന്നത്തെ മാജിക് അല്ല ഇന്ദ്രജാലം എന്ന് അത് കൈയടക്കം അതല്ല ഇന്ദ്രജാലം എന്ന് പറയുന്ന പ്രത്യേക വിദ്യയാണ് അത് കൈയടക്കം എല്ലാം മറിച്ച് അതുകൊണ്ട് എന്തു ചെയ്യും സൃഷ്ടി കാണിക്കും കാണുന്നവന്റെ മുമ്പിലെല്ലാം കാണും വാസ്തവത്തിൽ ഇല്ലാത്തത് ഇന്ദ്രജാലക്കാരൻ ഒരു നൂല് സൃഷ്ടിച്ച ആ നൂലിലൂടെ കയറി ആകാശത്തിലേക്ക് പോകാതാണ് ഇന്ദ്രജാലം എത്ര പേരുണ്ടോ അവരെല്ലാതെ കാണും നൂലും അവിടെ വരുന്നതും നൂലിൽ കൂടി അയൽ കയറി ആകാശത്ത് അവിടെ യുദ്ധം ചെയ്യുന്നതും എല്ലാം ഒരാളല്ല കാഴ്ചക്കാർ മുഴുവൻ കാണുന്നതാണ് ഇതെങ്ങനെ സംഭവിക്കുന്നത് എന്താ അതിന് ഉപാദാനം ഇന്ദ്രജാലക്കാരനല്ലാതെ മറ്റൊന്നുമില്ല ഇന്ദ്രജാലക്കാരനല്ലാതെ മറ്റൊന്നുമില്ലെങ്കിൽ ഇത്രയും വിപുലമായ കാര്യങ്ങൾ അങ്ങനെ കാണാം തന്റെ കയ്യിൽ ഒതുങ്ങുന്ന കാര്യമല്ലേ കൈക്കുള്ളിൽ സോലം ഭസ്മോ മോതിരമെടുത്ത് കാണിക്കുന്നുണ്ട് കാഴ്ചക്കാലിനും മുമ്പിൽ ആനയും കുതിരയും ഒക്കെ നടത്തിക്കുകയാണ് ഇതെങ്ങനെ സംഭവിക്കുന്നു ശരിത് സംഭവിക്കുന്നില്ല എന്ന് പറയാൻ പറ്റത്തില്ല കാരണം ഇന്ദ്രജാലക്കാർ അത് കാണിക്കുന്നുണ്ട് തന്റെ ശരീരത്തിൽ ഒതുങ്ങാത്ത വലിയ കാര്യങ്ങളെ കാണിക്കുന്നു ഇത് കാണിക്കാമെങ്കിൽ ഇതുപോലെ ആത്മാവിൽ നിന്നും സൃഷ്ടി സംഭവിക്കാം സങ്കല്പ സങ്കല്പപൂർവമായ സൃഷ്ടി സംഭവിക്കാം അത് സംഭവിക്കുന്നു അത് മാത്രമേ ഇതിന് ഉദാഹരണമായിട്ട് പറയാൻ പറ്റൂ ഇന്ദ്രജാലം അവിടെ എന്തോപാദാനം വാസ്തവത്തിൽ പിന്നീട് മനസ്സിലാകുന്നു ഇവിടെ ഇന്ദ്രജാലക്കാരനല്ലാതെ മറ്റാരും നൂലില്ല ആരും അവൾ കയറിപ്പോയില്ല അവിടെ യുദ്ധം നടത്തിയില്ല ഒന്നും സംഭവിച്ചില്ല കേവലൊരാൾ മാത്രം പക്ഷെ അയാളെ ആശ്രയിച്ചതെല്ലാം സംഭവിച്ചു അതിന്റെ രഹസ്യം മനസ്സിലാകത്തില്ല കാണുന്ന കുട്ടി അതുപോലെ സുഷുത്തിയിൽ കേവല വേഗം തന്നെയായിരുന്നു എന്നാണ് അവിടെ സങ്കല്പുണ്ടായി എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അനുവചനീയം മായ അവിദ്യ എന്തുകൊണ്ട് ഇന്ദ്രജ്ഞാനക്കാരൻ മേണിക്കേർ പോയി ഇന്ദ്രജാലം മറ്റൊന്നും പറയാനില്ല അതിന്റെ പേരാണ് ഇന്ദ്രജാലം അതുപോലെ ഈ സുഷുത്തിയിൽ സങ്കല്പത്തിൽ ജാഗ്രതയിലേക്ക് കൊണ്ടുപോകുന്നു അതാണ് ഇന്ദ്രജാനം അവിദ്യ മായ അജ്ഞാനം എന്നെല്ലാം പറയുന്നതിനെന്ത് ചെയ്യുന്നു സുഹൃത്തി നിന്നുകൊണ്ടിരുന്നു അവിടെ നേരത്തെ പറഞ്ഞെന്തുകൊണ്ടിരുന്നു പ്രാണി കർമ്മം കൊണ്ട് തന്റെ കർമ്മം കൊണ്ട് അപ്പൊ തന്റെ കർമ്മം അവിടെ ഉണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നു അപ്പൊ എങ്ങനെയാണ് നൽകണമെന്ന് പറയാം ഇന്ദ്രജാലക്കാരൻ ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് ഇന്ദ്രജാലക്കാരൻ തന്നെയല്ലോ മാറുന്നില്ലല്ലോ ഇന്ദ്രജാലക്കാരന് മാറ്റം വരുന്നുണ്ടല്ലോ ഇല്ല അതുപോലെ ഈ ജീവൻ സുഷൃത്തിയിൽ ഇതെല്ലാമായിരുന്നിട്ടും ഇതെല്ലാം ഇട്ടവിടെ സൃഷ്ടിയിലെത്തിയിട്ടും വീണ്ടും ഇതെല്ലാമായി മാറുന്നു ഇന്ദ്രജാലം പോലെയാണ് നടത്തുന്നത് ഇന്ദ്രൻ മായ കൊണ്ട് പല രൂപത്തെ പ്രാപിച്ചു മായാഹി അന്യദിവതി മായ കൊണ്ട് പലതുപോലെ തോന്നും ഗൗസ്യം പലതായി തിരട്ടെ വാചാരംഭണം അപ്പക്കാത്ത് ഇങ്ങനെ പല ശ്രുതികളുണ്ട് ഇവ സുഷിയിൽ നിന്നെങ്ങനെ ജാഗ്രതത്തിലേക്ക് വന്നു എൻ്റെ ചോദിച്ചാൽ അതിനുള്ള പറയുന്ന ഒരു ഇന്ദ്രജാലം പോലെ തന്റെ കർമ്മം അതിലേക്ക് വന്നു ആ കർമ്മങ്ങൾ ക്ഷയിക്കുമ്പോൾ വീണ്ടും അതിലേക്ക് പോകുന്നു വീണ്ടും കർമ്മങ്ങൾ ഫലം കൊടുക്കാൻ തയ്യാറാവുമ്പോൾ വീണ്ടും ജാഗ്രതയിലേക്ക് വരുന്നു അതാണ് ജാഗ്രത സ്വപ്നങ്ങൾ എന്ന് പറയുന്നു കേനാഭിപ്രായ നിത്യാഹ ലോകാനംഭ പ്രവൃത്തി പ്രാണി കർമ്മ ഫലഭോഗസ്ഥാന ഭൂതൃജയി സൃജയിഹം ഈശ്വരൻ ചിന്തിച്ചു ലോകാണ് ഞാൻ ലോകത്തെ സൃഷ്ടിക്കുന്നു സങ്കല്പ സങ്കല്പ സൃഷ്ടിക്കുന്നു ജീവൻ എന്ത് ചെയ്യുന്നു സൃഷ്ടിച്ചി നിന്നു വരുന്നു അതാ ഞാനിതിനെല്ലാം കാണുന്നു കേൾക്കുന്നു മണക്കുന്നു രചിക്കുന്നു ഞാൻ എന്നെ അറിയുന്നു അതാണ് ജീവൻ്റെ സങ്കല്പം ആ സങ്കല്പത്തോട് സങ്കല്പത്തോട് ചേർന്ന് സങ്കല്പത്തിൽ നിന്ന് വേർതിരിക്കാൻ വയ്യാത്ത രീതിയിൽ അനുഭവങ്ങൾ സങ്കല്പം തന്നെ അതുപോലെ തന്നെ സമഷ്ടിയിൽ സംഭവിക്കുന്നത് ദുരിന്ദ്രജാലം പോലെ എന്തൊക്കെ പ്രാണി കർമ്മ ഫലഭോഗസ്ഥാന ഭൂതാൻ പ്രാണികളുടെ കർമ്മം ഫലം അതിന്റെ അനുഭവം അതിന്റെ എല്ലാം ഇരിപ്പിടമായ ഈ ശരീരം ഉൾപ്പെടെയുള്ളത് നിസ് ഞാൻ സൃഷ്ടിക്കും സുപ്തൻ തന്നെ ഉണർന്ന് തന്റെ ശരീരത്തെ സൃഷ്ടിക്കുന്നു തന്റെ ശരീരത്തിൽ സിഷ്ടമായ തന്റെ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് സുഖ ദുഃഖങ്ങളെ അനുഭവിക്കുന്നു അതാണ് സംഭവിക്കുന്നത് ഈശ്വരനങ്ങനെയല്ല സർവജ്ഞ സ്വഭാവമായതുകൊണ്ട് അതിൽ നിന്ന് മാറിയുന്നതിനെല്ലാം കാണും അന്യന്റെ സുഖം ദുഃഖം ജീവൻ തന്റെ സുഖം ദുഃഖം കാണും ജീവന് അജ്ഞാനമാണ് ഈശ്വരനെ സംബന്ധിച്ച് മായാശക്തിയാണ് പരാസിശക്തർ പരാശക്തി അനന്തമായ ശക്തി കൊണ്ട് ഇന്ന് സ്വതന്ത്രായി നിന്ന് ഇതിനെല്ലാം കാണാൻ കഴിയുന്നു ആ വ്യത്യാസം ദൈവമീക്ഷിത്വാലസ് ആത്മാസ്മാൻ ലോകാൻ അസുരജ്യത സൃഷ്ടവാൻ ഇങ്ങനെയെല്ലാം സങ്കല്പിച്ചിട്ട് സങ്കല്പത്തിലൂടെ സങ്കല്പം മാത്രേണ് പരമേശ്വരൻ പരമേശ്വരൻ കേവല സങ്കല്പത്തെ മാത്രം ആശ്രയിച്ചിട്ട് എൻ്റെ ചെയ്തു അസ്മാൻ ലോകാൻ ഈ ലോകത്തെ എല്ലാം യഥാഹ ബുദ്ധിമാൻസാദീൻ സൃജതി എങ്ങനെയാണോ ഇവിടെ ബുദ്ധിമാനായ പ്രകാരാൻ പ്രാസാദാദിന്റെ കാണുന്നത് പോലെയുള്ള വലിയ വീടുകളെല്ലാം ഉണ്ടാകുന്നു സൃജ ഇത് ഈഷിത്വം ആ ഞാനിത് സൃഷ്ടിക്കാൻ പോവുകയാണ് അച്ഛൻ കരു ഞാനിത് സൃഷ്ടിക്കാൻ പോവുകയാണ് എന്ന് കരുതിയിട്ട് അനന്തരം പ്രസാദാദി തുടർന്ന് ഇതിനെ സൃഷ്ടിക്കുന്നു അപ്പൊ സൃഷ്ടിക്കും മുമ്പ് സങ്കല്പം വേണമെന്ന് പറയുന്നു അപ്പൊ ജീവനും ആ സങ്കല്പമുണ്ട് ജീവനിലെങ്ങനെ ആ സങ്കല്പം വരുന്നത് ആദ്യം ഞാൻ ഇത് ഇങ്ങനെ സങ്കല്പം വരുന്നു ഞാനെന്ന് തന്നെ കുറിച്ചുള്ള സങ്കല്പം വരുന്നു ഇത് ഒന്ന് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള സങ്കല്പം വരും പിന്നെ പ്രപഞ്ചത്തിലേക്ക് അവന്റെ ബോധം പരക്കും പ്രപഞ്ചത്തെ ഉൾക്കൊള്ളും ഇത് ജാഗ്രതയിൽ സംഭവിക്കുന്ന സുഖം ജാഗ്രതയിലേക്ക് വരുമ്പോൾ അതുപോലെ എന്ത് ചെയ്യുന്നു നിരുപാദാന സ്തുത്മാം ലോകാനുസരിച്ചത് ആ നിരുപാധികനായിരിക്കുന്ന ആത്മാവും ഈ ലോകത്തെ സൃഷ്ടിക്കുന്നു അതെങ്ങനെ സൃഷ്ടിക്കുമോ എന്നാണ് അടുത്ത് ചോദിക്കുന്നു അനിരുപാധികനായിരുന്ന പരമാത്മാവും ഈ ലോകത്തെ ശുദ്ധി സൃഷ്ടിക്കുന്നു നിരുപതാന നിരുപാദാനനായിരിക്കുന്ന നിർഗുണനായിരിക്കുന്നവെന്നെങ്കിലും എന്താണോ പരാസശക്തികൾ അനന്തശക്തികളോടുകൂടിയിരിക്കുന്ന പരമാത്മാവ് ഈ ലോകത്തെ സൃഷ്ടിക്കുന്നു ആ അനന്തശക്തികളെല്ലാം ആ പരമാത്മാവിൽ അന്തർഭൂതമാണ് സ്വാഭാവികമായിരിക്കുന്നു വേണ്ടതിരിക്കാൻ വയ്യാതിരിക്കുന്നു അതുകൊണ്ട് അതിന് സൃഷ്ടിക്കാൻ കഴിയുന്നു ജീവന് ആ ജീവന്റെ സങ്കല്പം നമുക്കറിയാം അവിടെ ലയിച്ചിരിക്കുന്നു സുഷൃത്തി അതുകൊണ്ട് ആ സങ്കല്പത്തെ ഉണർത്തി ഈ സൃഷ്ടിയെ അനുഭവിക്കാൻ കഴിയുന്നു അതുകൊണ്ടേന്ന് ഉണർത്തേണ്ട അങ്ങനെ ലോകത്തെ സൃഷ്ടിക്കുന്നു രണ്ടുപേരും ജീവനും ഈശ്വരനും അതെങ്ങനെ സംഭവിക്കും ഉന്വേഷ ദോഷം അവര് ദോഷമൊന്നുമില്ല സംഭവിക്കാം വ്യക്തിഭംഗമില്ല നിർഗുണം സഗുണം നിർവികൽപ്പം സവികൽപ്പം എന്നിങ്ങനെയുള്ള ഏറ്റുമുട്ടലൊന്നുമില്ല അതിന് ലൗകികമായ ബാഹ്യമായ ദൃഷ്ടാന്തം പറയുന്നു മായാവിയുടെ ദൃഷ്ടാന്തം പിന്നീട് പറയും എന്താണ് ആത്മഭൂതേ താമരൂപേ അവസ്യജഗത ഉപാദന സംഭവതഹ സല്ലഭേനസ്ഥാനിയെ നിരയുടെയും തിരയുടെയും സ്ഥാനത്താണ് ഈ പ്രപഞ്ചം ജലത്തിന്റെ സ്ഥാനത്താണ് ആത്മാവ് ആത്മഭൂത ഇതെല്ലാം അവിടെ ആന്തുരയും തിരയും എല്ലാം ജലം തന്നെയായിരുന്നു വെള്ളം തന്നെയായിരുന്നു നാമരൂപേ ഈ നാമരൂപങ്ങളെല്ലാം അതിൻ്റെ സ്ഥാനത്താണ് അത് അവ്യാകൃതയെ സുഷൃഷ്തിയിൽ അവ്യാകൃതമായിരുന്നു സൃഷ്ടിക്കും മുമ്പ് അത് അവ്യാകൃതമായിരുന്നു അത് ജീവനെക്കൂടി ഈ ജീവൻ കാണാത്ത സൃഷ്ടിയുടെ ജീവൻ അനുഭവിക്കാത്ത സൃഷ്ടിയിൽ അവന്റെ ഉമ്പി കാണുന്നവനുഭവിക്കുന്നത് അതിനെ കണക്കിലെടുത്തേ പറ്റൂ പക്ഷെ അത് അവന്റെ ആത്മഭൂതമാണ് ആത്മഭൂതമായിരുന്നു തന്റെ മുമ്പിൽ കാണുന്ന നാമരൂപാത്മകമായ സർവവും തന്റെ നാമ തന്റെ ആത്മഭൂതമായിരുന്നു അതുപോലെ ജലത്തിൽ കാണുന്ന നാമരൂപാത്മകമായ സർവവും ജലത്തിന്റെ ആത്മരൂപമാണ് അവ്യാകൃത അത് അവ്യാകൃതമാണ് സൃഷ്ടിയിൽ അത് അവ്യാകൃതമാണ് സൃഷ്ടിക്കുന്ന മുമ്പിൽ അത് വ്യാകൃതമാണ് ആത്മീക ശബ്ദവാശി അവിടെ ആത്മാവെന്നെ പറയാൻ പറ്റില്ല രണ്ടാമതെന്ന് പറയാൻ വയ്യ സുഷത്തിൽ ആത്മാവ് ഉണ്ടായിരുന്നു മറ്റൊന്നും ഉണ്ടായിരുന്നു എന്ന് പറയാൻ വയ്യ ആത്മീയ ശബ്ദവാശി അവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ആത്മാവ് തന്നെ അല്ലേ തക്കുവിഞ്ഞൻ ജാഗ്രത്തിൽ വന്നു ഈ പ്രപഞ്ചത്തെ കണ്ടിട്ട് പറയുന്നതെല്ലാം ആത്മാവ് തന്നെ താൻ തന്നെ അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം വിനയിച്ചപ്പോ അവിടെയും താൻ തന്നെയാണ് ഇതെല്ലാം ഇല്ലാതിരുന്നപ്പോൾ താൻ തന്നെയാണ് അവ്യാകൃത ഭേദസ്ഥാനീയ ശ്രീ ജഗത്ത് ഉപാദാനഭൂതി സംഭവമാണ് ഭേദസ്ഥാനീയമായ ഈ ജഗത്ത് ഈ കാണുന്ന വൈചിത്രിയും നാമരൂപാത്മകമായ വൈചിത്രയും ഇതിന് ഉപാദാനമായിരിക്കുന്നു എന്ത് ആ പരമാത്മാവ് ഈ ദുര തിര ഇതിനുപാദാനമായി അതുപോലെ ഈ കാണുന്ന നാമരൂപങ്ങൾക്ക് ഉപാദാനമായിരിക്കുന്നു ആ പരമാത്മാവ് തസ്മാത്മഭൂത നാമരൂപോപാദാന വിരുദ്ധം അതുകൊണ്ട് ജഗത്തിന് സർവജ്ഞനെന്ന് എന്തുകൊണ്ട് പറയും ജഗത്കാരണനെ ബ്രഹ്മസൂത്രത്തിറഞ്ഞ എന്താണ് അചിന്ത്യരചനാരൂപം ഈ ജഗത്ത് എന്ന് പറയുന്ന അചിന്തിരചനാരൂപമാണ് ഇതിന്റെ നാനാത്വത്തെ മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നു ഫലമാണ് ഈ ജഗത്ത് തന്നെ സർവജ്ഞ സ്വരൂപമാണ് കാരണം ഇത് ഇതിൻ്റെ കാലദേശങ്ങൾക്ക് അധീനമായിരിക്കുന്ന ഇതിൻ്റെ ഈ വൈദ്യുത്രിയും ജീവൻ എത്ര ചിന്തിച്ചാലും പിടിയിട്ടില്ല ഒരു സർവജ്ഞനും പിടിയിട്ടുന്നില്ല ഇതെന്താണെന്നുള്ളത് എന്തുകൊണ്ടിത് ആ സർവജ്ഞ സ്വരൂപമാണ് അങ്ങനെയുള്ള ഈ ജഗത്ത് വ്യാകൃതമായി പ്രകടമായി ജലത്തിലെ നിരയും തിരയും പോലെ പ്രകടമായി അതിന് ഉപാദാനമായിരിക്കുന്നത് എങ്ങനെയാണ് നിരക്കും തിരക്കും ഉപാദാനമായിരിക്കുന്നത് ആ ജലമായിരിക്കുന്നത് അതുപോലെ ഈ ജഗത്തിനും സർവാത്മകമായിരിക്കുന്ന ആ പരമാത്മാവാണ് ഉപാദാനമായിരിക്കുന്നത് അതുകൊണ്ട് പരമാത്മാവിന്റെ സർവജ്ഞതയാണ് ഈ കാണുന്ന ജഗത്ത് എന്നുള്ളത് പരമാത്മാവ് സർവജ്ഞനാണെന്നുള്ളതിന്റെ ദൃഷ്ടാന്തം കാരണം ഈ ജഗത്തിൽ നമ്മൾ കാണുന്നുണ്ട് ആ സർവജ്ഞത അല്പജ്ഞനായ ജീവന് ഇത് മനസ്സിലാകുന്നില്ല ഇതിന്റെ ഈ സർവജ്ഞതയെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഭാഷകാരം പറഞ്ഞത് അചിന്ത്യ രചന മനസ്സാപ്തി അചിന്തിയ രചന മനസ്സുകൊണ്ടൊന്നും സങ്കല്പിക്കാൻ പോലും കഴിയാത്തതാണ് അതിന്റെ ആത്മഭൂതമായിരിക്കുന്ന സ്വസ്വരൂപമായിരിക്കുന്ന അതിൽ നിന്നത് പ്രകടമായി അതുതന്നെ ഇവിടെ സംഭവിക്കുന്നത് ജീവന്റെ ആത്മസ്വരൂപമായിരിക്കുന്ന ഇതെല്ലാം ജാഗ്രത സ്വപ്നങ്ങളെല്ലാം ഇവിടെ നിന്നത് പ്രകടമാകുന്നു സങ്കല്പത്തിൽ അഹം ഇതം എന്ന് പറഞ്ഞു അഹം ഇതം ഭാവത്തിൽ ഇതിങ്ങനെ പ്രകടമാകുന്നു ഇത് അചിന്യമാണോ തന്റെ മുമ്പിൽ പ്രകടമായിരിക്കുന്നത് തനിക്ക് അചിന്റ് ആയിരിക്കുന്നു തന്റെ മുമ്പിൽ പ്രകടമായിരിക്കുന്നത് തന്റേതായ ചെറിയതോ വിപുലമായ പ്രപഞ്ചം തന്റെ മുമ്പിൽ പ്രകടമാകുന്നില്ല എന്തുകൊണ്ട് എന്തുകൊണ്ട് ഓരോരുത്തർക്കും ഓരോ പ്രപഞ്ചമായിരിക്കും കാരണം തന്നെ അത്പജ്ഞനാണ് അല്പജ്ഞനായ തന്നിലാണിത് പ്രകടമായത് ഓരോ ജീവനും ഓരോ ലോകം വേറെ വേറെ ഇരിക്കുമ്പോൾ തന്നെ ആ പരമാത്മാവിനെന്ത് ചെയ്യുന്നു ഈ ലോകങ്ങളെല്ലാം പ്രകടമായിരിക്കുന്നു അപ്പോൾ ഒരിടത്ത് സർവജ്ഞതയും ഒരിടത്ത് അല്പജ്ഞതയും ഞാൻ അല്പജ്ഞനായതുകൊണ്ട് പരമാത്മാവ് സർവജ്ഞനായതുകൊണ്ട് താൻ അറിയാത്ത ലോകം ആ പരമാത്മാവിനോട് പരമാത്മാവിൻ്റെ ലോകമെല്ലാം താൻ അറിയുന്നില്ല അതുകൊണ്ടല്ലേ പുരാണങ്ങളിലും മറ്റും പറയുന്നത് പതിനാല് ലോകം ഏഴ് ലോകം താഴ്വട്ട് ഏഴ് ലോകം മേലോട്ട് ഇവിടെയും സൃഷ്ടിയെക്കുറിച്ച് പറയും സൃഷ്ടിയെക്കുറിച്ച് കാണുമ്പോൾ ഞാൻ കാണുന്ന എന്താണ് മേളില് മേഘങ്ങൾ ഇവിടെ അങ്ങനെ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നു എൻ്റെ താഴെ ആകാശം അവിടെ പ്രകാശം പിന്നെ തണ്ണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭൂമി ഭൂമിയുടെ താഴിലേക്ക് നോക്കിയാൽ വെള്ളം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അല്ലെങ്കിൽ ഭൂമി കഴിഞ്ഞിട്ട് ഭൂമിയെ മുഴുവൻ ഒരു ലോകമായിട്ടെടുത്താൽ ഭൂമിയുടെ താഴെ എന്ന് പറയുമ്പോൾ ഭൂമി കുഴിച്ചെല്ലുന്ന സ്ഥലമല്ല ഭൂമി വിട്ടു ഭൂമിയെക്കാളും ഭൂമിയുടെ പറയുന്ന മരം മരിക്കുന്നു നശിക്കുന്നു ഭൂമിയെക്കാളും അധപ്പതിച്ച സ്ഥലം പാതാളം എന്നും മറ്റും പറയും പാതാളം എന്ന് പറയുന്ന ഭൂമി കുഴിച്ചെല്ലുമ്പോൾ കാണുന്ന സ്ഥലമല്ല ഭൂമിയെ പ്രപഞ്ചത്തിന്റെ മധ്യമായിട്ടെടുത്തു കഴിഞ്ഞാൽ ഇനി താഴോട്ടുള്ള പ്രപഞ്ചം അതാണ് അതെല്ലാം ഈ തെല്ലം സുതെല്ലാം തലാതെല്ലാം ദസാതലം ഇങ്ങനെയല്ല പറയും പാതാളം അപ്പൊ ഇതൊന്നും ഈ അജ്ഞനായ ജീവന് വെളിപ്പെടുന്നില്ല അല്പജ്ഞനായ ജീവൻ എന്തുകൊണ്ട് അവന്റെ സങ്കല്പം ഉയരുന്നത് അഹം ഇതം ഇത് രണ്ടിലൂടെയാണ് അഹന്തയിലൂടെയും ഇതന്തയിലൂടെയും വെളിപ്പെടുന്നു വെളിപ്പെടുമ്പോൾ ഈ ചെറിയ ലോകമേ അവനുള്ളൂ ഈശ്വരൻ അങ്ങനെയല്ല അവിടെ അഹന്ത ഇതന്ത അവിടെ കേവല സങ്കൽപ്പം മാത്രം അവരുടെ പ്രപഞ്ചം ഈശ്വരൻ ആ ഈശ്വരൻ സർവജ്ഞനായിരിക്കുന്നു ഈ പരിച്ഛിന്നമായ പ്രപഞ്ച അവൻ അൽപജ്ഞനായിരിക്കുന്നു അപ്പൊ ഈ ജീവൻ ജാഗ്രതന് അനുഭവിക്കുക സ്വപ്നത്തിന് അനുഭവിക്കുക വീണ്ടും സുഷുപ്തനാകുക ഇങ്ങനെ ഈ അവസ്ഥകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നിടത്തോളം കാലം അവൻ അൽപജ്ഞൻ തന്നെയാണ് ഈശ്വരൻ അവസ്ഥാ ഭേദമില്ലാത്തതുകൊണ്ട് അത് സർവജ്ഞനായിരിക്കുന്നു പറയുന്നു അവ്യാകൃതി ആത്മീയ ശബ്ദവാചി വ്യാകൃതഭേനസ്ഥാനീയസ ജഗതുപാദാന ഭൂതേ സംബോധ തസ്മാത്മഭൂത നാമരൂപാദന ജഗത്നിർമ്മിമീ ദൈത്യവിരുദ്ധം അതുകൊണ്ട് തസ്മാ ആത്മഭൂത നാമരൂപാധനസൻ സർവജ്ഞ ഇതെല്ലാം സ്വസ്വരൂപമായി തന്നെ ഇരിക്കുന്നവൾ ഈശ്വരനെ സംബന്ധിച്ച് ഈ സമ്പൂർണ്ണ പ്രപഞ്ചവും ഈശ്വരന്റെ സ്വരൂപമായിരിക്കുന്നു ജീവനെ സംബന്ധിച്ച് അവൻ കാണുന്നത് മാത്രം അവന്റെ സ്വരൂപമായിരിക്കുന്നതാണ് വ്യത്യാസം ആത്മഭൂത നാമരൂപ ഉപാദാന ഈ നാമരൂപ ഉപാദാനങ്ങളെല്ലാം അവന്റെ സ്വരൂപം തന്നെ അല്ലെങ്കിൽ ആത്മബോധനയാണ് ഈ അല്ലെ ജീവനെ സംബന്ധിച്ചറിയാം ഈ നാമരൂപങ്ങൾ എവിടെ നിന്ന് തന്നിൽ നിന്ന് വന്നു അവന്റെ പരിച്ഛിന്നമായ നാമരൂപങ്ങൾ ഈശ്വര നമ്മൾ അതുപോലെ കാണുകയല്ല നമ്മുടെ സങ്കല്പത്തിനനുസരിച്ച് കാണുകയാണ് നമ്മളെന്ന് പറഞ്ഞാൽ മനുഷ്യരുദ്ദേശത്തൊക്കെ പറയുന്നത് ജീവന്മാർ ഈശ്വര സൃഷ്ടമായ പ്രപഞ്ചത്തെ ഓരോ ജീവിയും ഓരോ തരത്തിൽ കാണും ആ കാണലാണ് അവന്റെ സൃഷ്ടി എന്ന് പറയുന്നത് അത്രയേ മനുഷ്യൻ കാണുന്ന പോലെല്ലാം മൃഗങ്ങൾ കാണുന്നത് വ്യത്യാസം വരുന്നു എന്തുകൊണ്ട് അവൻ ഓരോ ശരീരത്തിനും അൽപജ്ഞനായിരിക്കുന്നുണ്ട് മറ്റതെന്താണ് ആത്മഭൂത നാമരു ഗോപാദന ഹസ്സൻ സർവജ്ഞ സർവജ്ഞനായ ഈ ജഗത്തിനെ നിർമ്മിച്ചു എന്ന് സ്വീകരിച്ചേ നിത്യാവിരുദ്ധം പറഞ്ഞു അതിലൊരു വിരോധവും കാണേണ്ടതില്ല ഈ ജഗത്തിന് ജീവന് ഗ്രഹിക്കാൻ കഴിയാത്തിടത്തോളം കാലം പൂർണ്ണമായി ഗ്രഹിക്കാൻ കഴിയാത്തിടത്തോളം കാലം ഈ ജഗത്തിന് പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ടെന്ന് സ്വീകരിച്ചേ പറ്റും ഈ ജഗത്തിന് ഒരു ജീവൻ എങ്ങനെ പൂർണ്ണമായും ഗ്രഹിക്കുകയാണെങ്കിൽ അത് ജീവനല്ല ഈശ്വരൻ തന്നെയാണ് പറയുന്നു വിത്യാവിരുദ്ധം സൃഷ്ടിയിൽ വൈരുദ്ധ്യം ചിന്തിക്കേണ്ട കാര്യമില്ല ഈശ്വരൻ തന്നെയാണ് ഇതിനെ സൃഷ്ടിച്ചിരിക്കുന്നത് എങ്ങനെ നിഷേധിക്കാൻ പറ്റും ജീവൻ എങ്ങനെ നിഷേധിക്കാൻ പറ്റും അൽപജ്ഞനായിരിക്കുന്ന ജീവൻ നിഷേധിക്കാൻ സാധ്യമല്ല ഗുരുതര തലങ്ങളെ ചിന്തിക്കാം ഇത് തന്നിൽ നിന്നും പ്രകടമായി ജലത്തിൽ നിന്നും പതയും പ്രകടമായി അതുപോലെ കുറച്ചുകൂടി വ്യക്തമാക്കി പറയാം അഥവാ യഥാ വിജ്ഞാനവാൻ മായാവി നിരുപാധാന ആത്മാനമേവ ആത്മാന്തരത്വേന ആകാശേന ഗച്ഛന്തും ഭാഷ്യകാരീ ഉദാഹരണം പറഞ്ഞിട്ടുള്ള നിർമ്മിമീതേ തഥ സർവജ്ഞോദേവ സർവശക്തിമാൻ സർവശക്തരും മഹാമായ ആത്മാനമേവ ആത്മാന്തരത്വന ജഗദ് ഇവിടെ ജീവനെയും ഒരു മായാവിയായിട്ട് എടുത്തോളൂ ഈശ്വരനെ ഒരു വലിയ മായാവിയായിട്ട് ഇന്ദ്രചാരക്കാരനാണ് അങ്ങനെ യഥാ വിജ്ഞാനവാൻ മായാവി മായാവിക്ക് പ്രത്യേകമായ അറിവുകളൊക്കെ ഉണ്ട് സാധാരണ ജീവന്മാരെ പോലെയുള്ള അറിവല്ല ആ മായാവി ആത്മാനമേവ അവിടെ തനിക്ക് ഉപാദാനമൊന്നും വേണ്ട തനിക്കൊരു മൺപാത്രത്തെ സൃഷ്ടിക്കണമെങ്കിൽ മണ്ണ് വേണം അതില്ല മായാവിയെ സംബന്ധിച്ച് നിരുപാദാനായി ആത്മാനമേവ ആത്മാന്തരത്വന തന്നെ തന്നെ പലതായി സൃഷ്ടിക്കുന്നു തന്നെ തന്നെ നൂലായി അതി ആകാശമായി ആകാശത്ത് പോയി യുദ്ധം ചെയ്യുന്നവനായി ഒരുപാട് തലകളൊക്കെ താഴെ വീഴുന്നവനായി പിന്നീട് അതെല്ലാം കഴിഞ്ഞ് വരുന്നവനായി എല്ലാം ഒരു അതിനുള്ള ഒരു പ്രാധാന്യമില്ലാതെ ആത്മാന്തരത്വേന ആകാശേന ഗച്ഛന്തം ഇവ അവിടെ താൻ അവിടെ എന്താണ് ആത്മാന്തരത്വേന എന്ന് പറയുന്നത് മായാവി ഭൂമിയിൽ തന്നെ നിൽക്കുകയാണ് പക്ഷെ മായാവി വേറൊരു മായാവി അവിടെ ഉണ്ടായി ആ മാവിയാണ് നൂരിലൂടെ ആകാശത്ത് പോയി യുദ്ധം ചെയ്തത് താനവിടെ നിൽക്കേന്ന് നിർമ്മിമീതേ ഇത് തന്റെ സൃഷ്ടിയാണ് നിർവചിക്കാമ്മ ഇതെങ്ങനെ സംഭവിക്കുന്നു അതുകൊണ്ടൊരു മായ മായാവിക്ക് നിർവഹിക്കാൻ പറ്റും അതുകൊണ്ട് മായാവി എന്നതിന് മായ എന്ന് കൊടുത്തു അങ്ങനെ സംഭവിക്കുന്നു തഥാ സർവ്ഞ ദേവഹ അതുപോലെ സർവജ്ഞനായിരിക്കുന്ന ദേവൻ സർവശക്തി സർവശക്തിയായിരിക്കുന്നവൻ മഹാമായ മഹത്തായ മായയോട് കൂടിയവൻ അവന്റെ കയ്യിൽ ഈന്ദ്രജാലക്കാരന്റെ കയ്യിലിരിക്കുന്നതിൽ നിന്നും വിപുലമായൊരു മായിയുണ്ട് ആത്മാനമീവ തന്നെ തന്നെ ആത്മാന്തരത്വനെ നാനാത്വമായി ജഗദ്രൂപേണ ഈ പ്രപഞ്ചരൂപത്തിൽ നിർമ്മിമീത്തേ നിങ്ങളെ സൃഷ്ടിച്ചു അതാണ് ഈ സൃഷ്ടി അതായത് സൃഷ്ടിയിൽ ഈശ്വര സൃഷ്ടി ജീവൻ അത്ഭുതപ്പെടേണ്ട കാര്യമാണ് തന്റെ സൃഷ്ടിയിൽ താൻ അത്ഭുതപ്പെടുന്നില്ലല്ലോ പിന്നെ ഇതിനായി ഈശ്വര സൃഷ്ടിയിൽ അത്ഭുതപ്പെടുന്നു യുക്തതരം അത് ഈശ്വരീയമായ കൊണ്ട് പരാസ്യശക്തിരു വിവിധ ശ്രീയതി നാനാശക്തി അതുകൊണ്ട് അതെല്ലാം സാധ്യമാണ് ഏവഞ്ച സതീകാര്യകരണോഭ്യ അസ വാദ്യപക്ഷാശ നസഞ്ചന്ദേ സുനിരാകൃതാശ്ചവന്തി ഇപ്പോൾ പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ച് ഈശ്വരന്റെ ഈ മായാവിലാസം എന്നല്ലാതെ പേരെന്തൊക്കെ പറഞ്ഞാലും ശരി അത് ഏത് നിഷേധിക്കും നിഷേധിക്കാം മറ്റ് ദാർശനികന്മാരും പലതും പറയുന്നുണ്ട് കാര്യം അസത്താണ് ആരംഭവാദം പരിണാമവാദം വിവൃത്തവാദം പല കാഴ്ചപ്പാടുകളുണ്ട് അതെന്ന് വെച്ചാൽ കാഴ്ചപ്പാടന്നെ ഉള്ളൂ തർക്കമെന്നുള്ള അർത്ഥത്തിലല്ല കാര്യം വസത്താണ് കാരണം വസത്താണ് കാര്യവും കാരണവും വസത്താണ് ഇങ്ങനെയാണ് പക്ഷം ഇതെല്ലാം പ്രസജ്ജന്തി അതിനൊന്നും യാതൊരു നിലനിൽക്കുന്നില്ല ആദ്യം കാരണമില്ലാതെ പിന്നീട് ഉണ്ടായി ആരംഭവാദം നയ്യായി പറയുന്നു കാരണത്തിൽ തന്നെ കാര്യം നേരത്തെ ഉണ്ടായിരുന്നു വീണ്ടും കാര്യമുണ്ടായി സത്കാവാദ്യം സംഖ്യം പറയുന്നു കാരണവിശൂന്യമാണ് കാര്യവിശൂന്യമാണ് ബൌദ്ധൻ പറയുന്ന ശൂന്യവാദം ഇങ്ങനെ നിര നിരവധി വാദം നിരവധി കാഴ്ചപ്പാട് ഇതെല്ലാം ഇവിടെ നിഷേധിച്ചു വന്നുകൊണ്ട് ഇത് മായാജലം പോലെ മായാവീടെ മായാജാലം പോലെ ഇത് പ്രകടമാകുന്നു എന്ന് പറയുമ്പോൾ ഇതെല്ലാം നിഷേധിച്ചു കഴിഞ്ഞു പക്ഷെ ഇത് മായാജലം നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് നമുക്ക് മായയെക്കുറിച്ച് അറിയാത്തതുകൊണ്ട് ഇന്തർജാലക്കാരന്റെ മായെ നോക്ക് അംഗീകരിക്കാം ഇതും മായ തന്നെയാണ് പക്ഷെ ഈശ്വരന്റെ മായ അംഗീകരിക്കാൻ പറ്റുന്നില്ല നമുക്ക് ആ മായയെ നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത നമ്മുടെ സ്വയംമായും മനസ്സിലാക്കാൻ പറ്റുന്നില്ല തന്റെ സങ്കല്പം കൊണ്ടാണ് തന്റെ മുമ്പിൽ ഇതെല്ലാം കാണുന്നതെന്ന് മനസ്സിലാക്കാൻ തനിക്കും പറ്റുന്നില്ല തന്റെമായും തിരിച്ചറിയാൻ പറ്റില്ല സുന്ദരാകൃതാസ് കോവിധി ബാക്കിയുള്ള പക്ഷങ്ങളെല്ലാം ന്യായവൈശേഷികദി പക്ഷങ്ങളെല്ലാം സംഖ്യപക്ഷത്തെ നമ്മളെ വ്യക്തമായി നിഷേധിച്ചു കഴിഞ്ഞു ഖാൻ ലോകം എന്നാ ശ്രദ്ധിക്കുക എന്തൊക്കെ ലോകത്തെ സൃഷ്ടിച്ചു അത് പറഞ്ഞു അംഭോ മരിചിർമരം ആപഹായി വീണ്ടും സൃഷ്ടിയെ വന്നു ഇവിടെ എന്തിനാ സൃഷ്ടിയെ പറയുന്നു എപ്പോഴും പറയുന്നു സൃഷ്ടി മായാജാലം പോലെയാണോ എന്ന് പറഞ്ഞാൽ ആരുടെ മായ സൃഷ്ടി കർത്താവിനെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് സൃഷ്ടിയുടെ സൃഷ്ടിയുടെ വൈദ്യര്യത്തെ ബോധിപ്പിക്കാനല്ല എങ്ങനെ സൃഷ്ടി സംഭവിച്ചു എന്നുള്ളത് ശാസ്ത്രീയമായി ബോധിപ്പിക്കാനല്ല ഇവിടെ സൃഷ്ടിയെ കുറിച്ച് പഠനമേയില്ല സൃഷ്ടാവിനെ കുറിച്ച് പഠനമേ ഉള്ളൂ സൃഷ്ടിയെ പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല സൃഷ്ടാവിനെ അറിഞ്ഞാമോ അതുകൊണ്ട് ഇവിടെ നമ്മൾ സയൻസ് കൊണ്ടുവരുതെന്നാണ് പറഞ്ഞു വരുന്നത് സയൻസ് എന്ന് പറയുന്നത് സൃഷ്ടിയെ പഠിക്കുന്നതാണ് സൃഷ്ടാവിനെ പഠിക്കുന്നതല്ല ഇപ്പോൾ ചിലരെ അങ്ങനെയൊക്കെ പഠിക്കുന്നുണ്ട് പക്ഷെ പൊതുവെ വസ്ത്രനിഷ്ഠമായ പഠനമാണ് ബാഹ്യമായ പഠനമാണ് ഇവിടെ അതല്ല ഇവിടെ സൃഷ്ടാവിനെ സൃഷ്ടിയെത്താൻ കാണുന്നു ആ താൻ കാണുന്ന സൃഷ്ടിയിലൂടെ സൃഷ്ടാവിനെത്തിച്ചേരുന്നു ആ സൃഷ്ടാവിൽ എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് സൃഷ്ടിയിൽ സയൻസുകൊണ്ട് രണ്ടു കാര്യം വന്നു കഴിഞ്ഞാൽ അത് പോകും സൃഷ്ടിയുടെ സയൻസാണെങ്കിലോ അതും ഭഗവാനും മാത്രമേ അറിയാൻ കഴിയൂ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കിയ ജീവൻ ഒരിക്കലും അറിയാൻ കഴിയില്ല എന്തുകൊണ്ട് ഈ സൃഷ്ടി സർവജ്ഞന്റെ സർവജ്ഞന്റെ സൃഷ്ടി അല്പജ്ഞനങ്ങനെ മനസ്സിലാക്കാം അപ്പൊ ജീവൻ ഒരിക്കലും സർവജ്ഞനാകാൻ കഴിയത്തില്ല നമ്മുടെ ജീവനിലൊരിക്കലും സർവജ്ഞന്റെ സൃഷ്ടിയും മനസ്സിലാക്കാൻ കഴിയത്തില്ല പിന്നെ ഈശ്വരനന്ദീവനൊരു അല്പം ബുദ്ധി കൊടുത്തിട്ടുണ്ട് ആ ബുദ്ധിയുടെ സാമർഥ്യം കൊണ്ട് അവൻ ഈ സർവജ്ഞന്റെ സൃഷ്ടിയിലെ ഏകദേശ അല്പജല കാര്യങ്ങൾ മനസ്സിലാക്കും വളരെ തുച്ഛമായി എന്നിട്ടവൻ മനസ്സിലാക്കും ഞാൻ സൃഷ്ടിയുടെ രഹസ്യം മനസ്സിലാക്കിയിരിക്കുന്നു സാഖ്യനും കാണാതെ എല്ലാം ഇതിനനുശ്രമിച്ച് സൃഷ്ടിയുടെ രഹസ്യം മനസ്സിലാക്കും അവർക്കൊന്നും കഴിഞ്ഞിട്ടില്ല എന്തുകൊണ്ട് സർവജ്ഞന്മാരല്ല അല്പജ്ഞന്മാരാണ് ഇവിടെ പറയുന്നെന്താണ് സർവജ്ഞന്റെ സൃഷ്ടിയെ കുറിച്ചാണ് നമുക്കിവിടെ നിന്ന് കുറച്ച് മനസ്സിലാക്കാം കൂടുതൽ മനസ്സിലാക്കേണ്ടതാണ് സർവജ്ഞനെ കുറിച്ചാണ് സൃഷ്ടി കർത്താവിനെ കുറിച്ചാണ് നമ്പു മരിച്ചർ മരമാപഹ അങ്ങനെ സൃഷ്ടിച്ചു അംഭസ് ജലം മരിച്ചു അന്തരീക്ഷത്തിലെ പ്രകാശം മരം ഭൂമി ആവഹ ഭൂമിക്ക് താഴെയുള്ളത് ജലമൊന്നും അർത്ഥം പറയാൻ ഇവിടെ ഭൂമിക്ക് താഴെയുള്ളതെന്നുള്ള അർത്ഥമാണ് ഭാഷകാലം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ സൃഷ്ടിച്ചു എന്നാണ് ആകാശവാദി ക്രമേണ അണ്ടമുപാദ്യ അമ്പ പ്രകൃതി ലോകാൻ ആശ്രയിച്ചത് ആദ്യം ഹിരണീകർഭനെ സൃഷ്ടിച്ചു പിന്നെ പഞ്ചഭൂതങ്ങളെ സൃഷ്ടിച്ചു ലോകങ്ങളെല്ലാം സൃഷ്ടിച്ചു അതിനുവേണ്ടി നേരിട്ട് തന്നെ സൃഷ്ടിച്ചു ലോകപാലകന്മാരെ നിയമിച്ചിട്ട് സൃഷ്ടിച്ചു പലതര ദൃഷ്ടി സൃഷ്ടിച്ചു അതെല്ലാം ഇവിടെ വിശദീകരിച്ചു പറയും